ധ്യായം പതിനൊന്ന് അനന്തരമാത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതുക്കൾ കൊണ്ടുപോയി പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഞാൻ ഇരുപത്തഞ്ച് പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ അസൂരിന്റെ മകൻ യയസന്യാവേയും ബനായാവിന്റെ മകൻ ാവെയും കണ്ടു അവനെന്നോട് മനുഷ്യപുത്ര ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന പുരുഷന്മാരാകുന്നു വീടുകളെ പണിവാൻ സമയമെടുത്തിട്ടില്ല ഈ നഗരം കുട്ടകവും നാം മാംസവുമാകുന്നു പറയുന്നു അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിക്കുത്ര പ്രവചിക്ക എന്ന് കൽപ്പിച്ചു അപ്പോൾ യഹോവിയുടെ ആത്മാവ് എന്റെ മേൽ വീണു എന്നോട് കൽപ്പിച്ചത് നീ പറയേണ്ടത് എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ ഇന്നിന്നത് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു നിങ്ങൾ ഈ നഗരത്തിൽ നിഹതന്മാരെ വർധിപ്പിച്ച് വീഥികളെ നിഹതന്മാരെ കൊണ്ട് നിറച്ചുമിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ നഗരത്തിന്റെ നടുവിൽ ഇട്ടുകളഞ്ഞ നിഹിതന്മാർ മാംസവും ഈ നഗരം കുട്ടകവും ആകുന്നു എന്നാൽ നിങ്ങളെ ഞാൻ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിക്കും നിങ്ങൾ വാളിനെ പേടിക്കുന്നു വാളിനെ തന്നെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തുമെന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ച് അന്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ഇടയിൽ ന്യായവിധി നടത്തും നിങ്ങൾ വാളാൽ വീഴും ഇസ്രയേലിന്റെ അതിരിങ്കൽ വെച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും ഈ നഗരം നിങ്ങൾക്ക് കുട്ടകം ആയിരിക്കില്ല നിങ്ങൾ അതിനകത്ത് മാംസവുമായിരിക്കില്ല ഇസ്രയേലിന്റെ അതിരിങ്കൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും എന്റെ ചട്ടങ്ങളിൽ നടക്കുകയോ എന്റെ ന്യായങ്ങളെ ആചരിക്കുകയോ ചെയ്യാതെ ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പ്രമാണിച്ചു നടന്ന നിങ്ങൾ ഞാൻ യഹോവയെന്ന് അറിയും ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനായാവിന്റെ മകനായ പെലത്തിയാവ് മരിച്ചു അപ്പോൾ ഞാൻ കവണ്ണു വീണ് ഉറക്കെ നിലവിളിച്ചു അയ്യോ യഹോവയായ കർത്താവെ ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെ നീ അശേഷം മുടിച്ചുകളയുമോ എന്നു പറഞ്ഞു യഹോവയുടെ എരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര യഹോവയോട് അകന്നു നിൽപ്പിൻ ഞങ്ങൾക്കാകുന്നു ഈ ദേശം അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നല്ലോ യരുസലേം നിവാസികൾ നിന്റെ ചാർച്ചക്കാരായ നിന്റെ സഹോദരന്മാരോടും ഒട്ടൊഴിയാതെ ഇസ്രായേൽ ഗ്രഹം മുഴുവനോടും പറയുന്നത് അതുകൊണ്ട് നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചിതറിച്ചു കളഞ്ഞുവെങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറെ വിശുദ്ധ മന്ദിരമായിരിക്കും ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രയേൽ ദേശം നിങ്ങൾക്ക് തരും അവർ അവിടെ വന്ന് അതിലെ സകല മലിന ബിംബങ്ങളെയും മ്ളേച്ച വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് നീക്കിക്കളയും അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാനവർക്ക് ദൈവമായും ഇരിക്കും എന്നാൽ തങ്ങളുടെ മലിനബിംബങ്ങളുടെയും മ്ളേച്ഛാ വിഗ്രഹങ്ങളുടെയും ഇഷ്ടമനുസരിച്ച് നടക്കുന്നവർക്ക് ഞാനവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കുമെന്ന് യഹോമയായ കർത്താവിന്റെ അരുളപ്പാട് അനന്തരം കിഴൂബുകൾ ചിറക് വിടർത്തു ചക്രങ്ങളും ചേരത്തന്നെ ഉണ്ടായിരുന്നു േലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്കുമീതേ ഉണ്ടായിരുന്നു യഹോബിയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ടുപൊങ്ങി നഗരത്തിന് കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു എന്നാൽ ആത്മാവെന്നെ എടുത്തു ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി ഞാനോ യഹോവേനിക്കു വെളിപ്പെടുത്തിയ അവന്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു